മുഖത്ത് ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നല്ലോ മർക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായം ആറാമധ്യായം മുതലേ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചത്തിനനുസരിച്ചും ചില കാര്യങ്ങൾ ചിന്തിക്കാം അതിൻ്റെ ആറാമധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ യേശു നർശ്രയത്തിലേക്ക് ശിശുഗണങ്ങൾ മടങ്ങിപ്പോയി എന്നാണ് നമ്മൾ കാണുന്നത് ഒരു തച്ചനായിട്ട് തൻ്റെ പിതാവിൻ്റെ പണിശാലയിൽ യേശു സഹായിച്ചു വന്ന ആ സ്ഥലമാണ് നസ്രത്ത് അവിടെ യേശുവിൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് തൻ്റെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് ഒരു വചനം അതിൻ്റെ ആറിൻ്റെ മൂന്നില് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു അവിടെ നസ്രത്തിൽ ചെന്നപ്പം അവിടെയുള്ളവർ യേശുവിനെക്കുറിച്ച് ഇവന് ഈ ജ്ഞാനമൊക്കെ ഇവിടെ നിന്നാണ് കിട്ടിയത് മുപ്പത് വയസ്സ് വരെ ഇവിടെ തച്ചനായിട്ട് ജോലി ചെയ്തവനല്ലേ ഇവൻ എങ്ങനെയാണ് ഈ ജ്ഞാനം കിട്ടിയത് എന്ന് പറയുന്ന സമയത്ത് യേശുവിൻ്റെ കുടുംബത്തിലേക്ക് വിളിച്ച വചനം നമുക്ക് കാണാൻ കഴിയും ആറിൻ്റെ മൂന്ന് അവിടെ അവർ പറയുന്നു ഇവൻ മറിയയുടെ മകനും അപ്പോൾ ജോസഫിനെക്കുറിച്ച് പരാമർശമില്ലാത്തതിനാൽ ജോസഫ് സമയമായപ്പോഴേക്കും മരിച്ചു എന്നാണ് വേദപണ്ഡിതന്മാരെ കരുതുന്നത് ഇവിടെ ഇതാ യേശുവിൻ്റെ അമ്മ മറിയെക്കുറിച്ച് പറയുന്നു മറിയുടെ മകനും അതുപോലെ തന്നെ മറിയുടെ മകൻ എന്നുള്ള പ്രയോഗം നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതുപോലെ അവർ അവർക്ക് യേശുവിനെക്കുറിച്ച് തൃപ്തിയില്ലാതെ വരുമ്പോഴാണ് ആ അമ്മയുടെ പേര് ചേർത്ത് യേശുവിനെ പരാമർശിക്കുന്നത് എന്നാൽ യേശുവിനെക്കുറിച്ച് തൃപ്തിയുള്ള രംഗത്ത് അവർ എന്തു ചെയ്തിട്ടുണ്ട് ജോസഫിൻ്റെ മകൻ എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സാധാരണ പിതാക്കന്മാരുടെ പേരിലാണ് ആളുകളെ പരാമർശിക്ക പരാമർശിക്കുന്നതും പരാമർശിക്കേണ്ടതും ആ നിലയിലാണ് എന്നാൽ ഇവിടെ ഇതാ മറിയുടെ മകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ദുസൂചനയുണ്ട് എന്ന് വേദപണ്ഡിതന്മാരെ പറയുന്നു കാരണം അവർക്കറിയാം എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ ജി ജനനം സംബന്ധിച്ചുള്ള നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്കറിയാം മറിയ ഗർഭം ധരിച്ചതിന് ശേഷമാണ് ജോസഫ് വിവാഹം ചെയ്ത് ആ നിലയിൽ ഒന്നിച്ചായിരുന്നതും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു ദുസൂചനയടങ്ങിയ പ്രയോഗമാണ് മറിയുടെ മകൻ എന്ന് വേദപണ്ഡിതന്മാരിൽ ചിലർ പറയാറുണ്ട് ഇവിടെ അവർ മറിയുടെ മകനെന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് അത്ര തൃപ്തിയില്ലാതെയാണ് സംസാരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അവരെ ആശ്ചര്യപ്പെട്ടു യേശുവിനെ പുകഴ്ത്തി അവർ സംസാരിക്കുമ്പോൾ ഇവൻ ജോസഫിൻ്റെ മകനല്ലയോ ലൂക്കോസ് നാലിൻ്റെ ഇരുപത്തിരണ്ട് അവ അവിടെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവന് യേശുവിനെക്കുറിച്ച് അവർ തൃപ്തിയായിട്ടും അവർ ബഹുമാനമായിട്ടും പറഞ്ഞിരിക്കുന്ന വാക്കാണ് എന്നാലിവിടെ മർക്കോസിൻ്റെ സുവിശേഷം ആറിൻ്റെ മൂന്നിൽ മറിയുടെ മകൻ എന്ന് പറയുമ്പോൾ യേശുവിനെക്കുറിച്ച് അത്ര തൃപ്തിയില്ലാതെ പറയുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദുസൂചനയുള്ള ഒരു പ്രയോഗമാണ് ഇത് എന്ന കരുതാം അതുപോലെ തന്നെ നോക്കുക യാക്കോബ യോസൈ യൂദാശി മോൻ യേശുവിൻ്റെ നാല് സഹോദരന്മാരുടെ പേരുകൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി യേശുവിൻ്റെ യേശു തച്ചനായിട്ട് ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്താനുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ഈ വാക്യം വെളിച്ചം വീശുന്നു അവിടെ പിതാവ് ജോസഫ് മരിച്ചുപോയി വിധവയായ അമ്മ അതുപോലെ തന്നെ യാക്കോബൈ യോസൈ യൂത ഷിമോൻ എന്ന നാല് സഹോദരന്മാർ പിന്നെ സഹോദരികൾ എന്ന് പറയുമ്പോൾ രണ്ട് പേരെങ്കിലും ഒന്നിലേറെ പേരെങ്കിലും അപ്പോൾ രണ്ട് പേര് നാല് സഹോദരന്മാരും രണ്ട് സഹോദരികളും ആറുപേർ ഈ അങ്ങനെയുള്ള ഒരു കുടുംബമാണ് അതുപോലെ തന്നെ മറിയയുടെ കാര്യവും നോക്കേണ്ടതായിട്ടുണ്ട് വീട്ടിലെ മൂത്ത മകനെന്നുള്ള നിലയിൽ ഈ കുടുംബത്തെ പുലർത്തേണ്ട ഉത്തരവാദിത്വം യേശുവിൻ്റെ ചുമലിലായിരുന്നു അതുകൊണ്ട് നോക്കുക ഇന്നും നമ്മൾ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആ ഉത്തരവാദിത്വം നിൽക്കേണ്ട മൂത്ത അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നാഥനോ എന്നുള്ള നിലയിൽ ജോലി ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ടവര് ഈ ജോലിയുടെ ഭാരവും അധ്വാനവും എല്ലാം ആർക്കറിയാം കർത്താവിനറിയാം കർത്താവ് മുപ്പത് വർഷം ഇതേ നിലയിൽ ഈ ലോകത്ത് ഒരു സെക്കുലറായ ജോലി ചെയ്ത് താനും തൻ്റെ അമ്മയും നാല് സഹോദരന്മാരും രണ്ട് സഹോരിമാരും താനും അടങ്ങുന്ന ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചവനാണ് എബ്രായർ നാലിൻ്റെ പതിനഞ്ച് നമുക്കറിയാമല്ലോ കർത്താവിന് നമ്മുടെ കഷ്ടങ്ങളിൽ സഹതാപം കാണിപ്പാനായിട്ട് കഴിയും കാരണം നമുക്ക് തുല്യമായിട്ട് എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് എല്ലാ സാഹചര്യങ്ങളിലൂടെയും യേശു കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും സെക്കുലറായ ജോലിയിൽ വളരെ ഭാരപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും യേശുവിന് നിങ്ങളെ മനസ്സിലാകും നമ്മെ മനസ്സിലാകും അതുകൊണ്ട് നോക്കുക യേശു നമുക്ക് താതാല്മ്യപ്പെട്ടത് എത്ര നന്നായിട്ടാണ് നമ്മളുടെ മൗനദുഃഖങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ അധ്വാനങ്ങളും കുടുംബത്തിന് വേണ്ടിയുള്ള നം ആ പ്രാരാബ്ദങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്നതും ഒക്കെ യേശുവിന് മനസ്സിലാകും അങ്ങനെ ഒരു കർത്താവിനെയാണ് നമ്മളെ പിൻപറ്റുന്നത് അതുപോലെ തന്നെ ഈ കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇവർ യേശുവിൻ്റെ സഹോന്മാർ യാക്കോബയോസൈ യൂദിമോൻ എന്നിവരെ ആദ്യം യേശുവിനെ വിശ്വസിച്ചിരുന്നില്ല യേശുവിനെ അവന് ബുദ്ധിഭ്രമുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ഈ സഹോദരങ്ങളുമൊക്കെയും കർത്താവിലെ വിശ്വസിച്ചതായിട്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നത് ഒന്നുകൂരിന്തി അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി എന്ന പൗലോസ് രേഖപ്പെടുത്തുന്നു ഒന്ന് കോരിന്തേർ പതിനഞ്ചിൻ്റെ ഏഴ് ഇവിടെ പറഞ്ഞേക്കുന്ന യാക്കോബെന്ന് പറയുന്നത് യേശുവിൻ്റെ അർത്ഥസഹോദരനായ യാക്കോബാണ് എന്നാണ് പറയാറുള്ളത് പല യാക്കോബ്മാരെക്കുറിച്ച് വേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ തന്നെ യാക്കോബുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഈ എരിശിലേം കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് ആ നമ്മൾ കാണുന്ന ആ യാക്കോബ് അതുപോലെ യാക്കോബിൻ്റെ ലേഖനം എഴുതിയ യാക്കോബിൻ്റെ ലേഖനം എഴുതിയ യാക്കോബ് അതൊക്കെയും യേശുവിൻ്റെ അർത്ഥ സഹോദരനായ ഈ യാക്കോബാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ നമുക്കിങ്ങനെ പറയാം യേശുവിൻ്റെ ജനന സമയത്തോ അല്ലെങ്കിൽ ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ സഹോദരന്മാർക്ക് വേണ്ടതുപോലെ അറിഞ്ഞുകൂടാ എന്നാൽ മറിയയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു ജോസഫിന് കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാൽ ഈ സഹോദരങ്ങൾ യേശുവിനെ വിശ്വസിക്കാതെ മുന്നോട്ട് പോയി അതുകൊണ്ടാണല്ലോ അവന് ബുദ്ധിപ്രമമുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ പിന്നീട് യേശുവിൻ്റെ പിന്നീട് ഒരു പക്ഷേ മരണശേഷം ഇവർ വിശ്വാസത്തിലേക്ക് വന്നു യാക്കോബ് എരിശിലേയും കൗൺസിലിൽ തന്നെ അതിൻ്റെ അധ്യക്ഷത വഹിക്കുകയും അറിയപ്പെടുന്ന ആളായിട്ടായിരിക്കുകയും യാക്കോബിൻ്റെ ലേഖനം എഴുതുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നു ഇതിൻ്റെ അകത്ത് കാണുന്ന യാക്കോബ യോസെ യൂത യൂത എന്ന് പറയുന്നത് ചിലർ യൂതയുടെ ലേഖനം എഴുതിയത് ഈ യൂത ആണെന്ന് പറയുന്നുണ്ട് എന്നാൽ കൂടുതൽ പേരും അതിനെ പിന്തുണയ്ക്കുന്നില്ല ഏറ്റവും കുറഞ്ഞത് നമുക്കിങ്ങനെ പറയാം യേശുവിൻ്റെ അർത്ഥ സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും യേശുവിനെ ആ നിലയിൽ വിശ്വസിക്കാനിടയായി ഇവിടെ നമ്മൾ ഒന്ന് കോരിന്തേർ പതിനഞ്ചിൻ്റെ ഏഴിൽ വായിച്ചത് ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ അർത്ഥസഹോദരനായി യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളൊന്നും യാക്കോബ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുകയാകട്ടെ താൻ യേശുവിൻ്റെ അർത്ഥസഹോദരനാണ് എന്ന് പറഞ്ഞൊരു മേനി നടിക്കുകയാകട്ടെ ഒന്നും ചെയ്യുന്നില്ല വളരെ എളിമയോടെ അന്നത്തെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ താന് അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവർ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ കർത്താവ് നസ്രയത്തിൽ ചെന്ന് വളരെ ചുരുക്കം കാര്യങ്ങളെ ചെയ്തുള്ളു ചില രോഗികളെ സൗഖ്യം വരുത്തിയതല്ലാതെ വലിയ വീര്യപ്രവർത്തികളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല കാരണം എന്താ അവിടെയുള്ള നസ്രയത്തിലുള്ളവരുടെ അവിശ്വാസമായിരുന്നു അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു മർക്കോസ് ആറിൻ്റെ ആറ് അപ്പൊ കണ്ടോ മത്തായി നമ്മൾ നേരത്തെ കർത്താവായി യേശു ക്രിസ്തു മത്തായി എട്ടിൻ്റെ പത്തിൽ ഒരു ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു പുറജാതീകനായ ഒരു തൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു ഇവിടെ ഇത് അവിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു അപ്പം നമുക്ക് കർത്താവിനെ രണ്ട് തരത്തില് അത്ഭുതപ്പെടുത്താം ഒന്നുകിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് അത്ഭുതപ്പെടുത്താം അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ട് അത്ഭുതപ്പെടുത്താം നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽ നിൽക്കുന്നു എന്ന് സൈശോധന ചെയ്യാനായിട്ട് ഈ മർക്കോസ് ആറിൻ്റെ ആറ് എന്ന വാക്യം നമുക്ക് എടുക്കാം മർക്കോസിൻ്റെ സുവിശേഷം ആറാമദ്ധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അനന്തരം അവൻ പന്തിരുവരെ അടുക്ക അവരെ ഈ രണ്ടായിട്ട് അയച്ചു തുടങ്ങി അവരെ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും അടിശീലയും കാശിമരുത് ചെരുപ്പിട്ട് കൊള്ളാം രണ്ട് വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെയൊക്കെയുള്ള നിർദ്ദേശം ഈ രണ്ടായിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് രണ്ടുപേരെ വീതം അയച്ചത് ഓരോരുത്തരെ അയച്ചാൽ ഈ ശിഷ്യന്മാരെ പലരെ പല സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അയക്കാമല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് രണ്ടുപേരെ വീതം ഒന്നിച്ച് കർത്താവ് അയച്ചത് നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ നമുക്ക് പറയാം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഒരു കാര്യം ഉറപ്പാക്കാം അപ്പൊ ഇവര് പ്രസംഗിക്കുന്ന ആ സന്ദേശം രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ സ്ഥിരീകരിക്കപ്പെടുന്നു അതിനു വേണ്ടിയാവാം രണ്ടുപേരെ വീതം അയച്ചത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം രണ്ടുപേർ ഒരുമിച്ച് സംസാരിക്കും ഒരുമിച്ച് സംസാരിച്ചു കൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അന്യോന്യം പ്രചോദനം നൽകാനായിട്ട് കഴിയും ഒരാളല്പം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയാലും മറ്റേ ആൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്താനായിട്ട് കഴിയും രണ്ടുപേർ ഒന്നിച്ച് നടക്കുന്നത് നല്ലത് എന്ന് നമ്മൾ രണ്ടുപേരെ ഒന്നിച്ചായിരിക്കുന്നതാണല്ലോ നല്ലത് കാരണം പരസ്പരം അവർക്ക് ധൈര്യപ്പെടുത്താനായിട്ട് കഴിയും ഇതായിരിക്കാം മറ്റൊരു കാര്യം മൂന്നാമത് അന്നത്തെ കാലഘട്ടത്തിൽ ധാർമ്മിക നിലവാരവും അതുപോലെ ഇതിനോടുള്ള എതിർ നിലവാരം കുറവായിരുന്നു അതുപോലെ ഈ ഈ സുവിശേഷ സന്ദേശത്തോടുള്ള എതിർപ്പ് വളരെ പ്രകടമായിരുന്നു അതുകൊണ്ട് ഒരു രണ്ടുപേരുടെ സാന്നിധ്യം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രയോജനകരമായിരിക്കാം ഇങ്ങനെയുള്ള ഒരു പ്രായോഗികമായ കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം കർത്താവ് ഈ രണ്ട് പേരെ അയച്ചത് അങ്ങനെ ഈ രണ്ട് പേരായിട്ട് അയയ്ക്കുന്നു ഇവരെ പോയിട്ട് ഈ സന്ദേശങ്ങൾ പറയുന്നു ഇങ്ങനെ പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് കഴിയും അതിൻ്റെ ആറിൻ്റെ ഒൻപതാമത്തെ വാക്യം അവർക്ക് ചെരുപ്പിടാം ഒരു വടിയെടുക്കുന്നതിന് അനുവാദം നൽകുന്നു രണ്ട് വസ്ത്രം സൂക്ഷിക്കാൻ അനുവാദമില്ല തീർച്ചയായിട്ടും ഈ ശിഷ്യന്മാരുടെ ജീവിതം കണ്ടിട്ട് ശിഷ്യന്മാരുടെ വസ്തുവകളെ ആരും മോഹിക്കുകയോ ധനികരാകാം ഈ ഈ ക്രിസ്ത്യാനിയായാൽ എന്ന് കരുതുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം അവർ രണ്ട് വസ്ത്രമില്ലാത്തവരായിട്ടും വളരെ സാധാരണമായ ജീവിതം ജീവിക്കുന്നവരായിട്ടും അലയ അലയുന്നതായിട്ടാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുന്നത് അല്ലാതെ ഈ രംഗത്തേക്ക് വന്നാൽ ക്രിസ്ത്യാനിയായാൽ ധനികനാകാൻ കഴിയും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നൊരു സന്ദേശം തങ്ങളുടെ ജീവിതം കൊണ്ടുപോലും കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കാതെ ആ നിലയിൽ രണ്ട് വസ്ത്രം സൂക്ഷിപ്പാനോ മറ്റു കാര്യങ്ങൾ എടുക്കാനോ ഒന്നും അനുവാദമില്ലാത്തവരായിട്ട് എന്നാൽ മുന്നോട്ട് പോകാനായിട്ട് അത്യാവശ്യം പാദരക്ഷകളാകാം വടിയാകാം ഇങ്ങനെയുള്ള ജീവിതത്തിനാവശ്യമുള്ള കാര്യങ്ങളാകാം എന്നാൽ അതേസമയം തന്നെ വലിയ ആഡംബരത്തിന് അവരെ വിടാതെ ആണ് കർത്താവ് അവരെ അയയ്ക്കുന്നത് അപ്പം തന്നെ ഇതിൻ്റെ അകത്തെ ഈ നിർദ്ദേശങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഇന്നും ശിഷ്യന്മാരെടുക്കണം എന്നുള്ള നിലയിലല്ല നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വാക്യങ്ങൾ നോക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തഞ്ച് മുപ്പത്താറ് ഈ നിർദ്ദേശങ്ങളിൽ തന്നെ ചിലത് പിന്നീട് കർത്താവ് തന്നെ പിൻവലിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏഹ് ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തഞ്ച് മുപ്പത്താറും ഇതിനോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ അതുപോലെ എടുത്ത് മുന്നോട്ട് പോവുകയെന്നുള്ളതല്ല ഇതിൻ്റെ ഒരു ആത്മാവ് ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുകയാണ് ഈ ആത്മാവ് ഉൾക്കൊണ്ട് എല്ലാ കാലത്തും തൻ്റെ ശിഷ്യന്മാർക്ക് മറ്റുള്ളവർക്ക് അനുകരണീയമായ ഒരു മാതൃക കാണിച്ച് മുന്നോട്ട് പോകാനൊക്കും അതുകൊണ്ടാണ് ഈ രണ്ട് പേരെ വീതം അയച്ചത് അതുപോലെ തന്നെ അവരെടുക്കാവുന്നതും സൂക്ഷിക്കാവുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ ഈ ഒരു ആത്മാവ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം അവിടെ ഈ രണ്ടായിട്ട് അയച്ചു അത് പല സംഭവങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയും ഒരു സംഭവം നമുക്കറിയാം അവിടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ രംഗം നമ്മളെ കാണുന്നുണ്ട് ആ അതിനുശേഷം കർത്താവ് ഇവരെ ഇവരെ കടലിന്മീതെ നടന്ന് ഇവരെ അക്കരയ്ക്ക് പോകുന്നു കടലിന്മീതെ നടന്ന് രാത്രിയുടെ നാലായി അവരുടെ അടുത്തെത്തി അവരെ അത് കണ്ടിട്ട് ഭയപ്പെട്ടു യേശു ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് പടകിൽ കയറി കാറ്റമർന്നു ഏർ അവർ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു അതിൻ്റെ വാക്യം അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല ഇത് കണ്ടോ ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ രംഗത്തിന് ശേഷം ഇവരെ കടലിൽ പടകിൽ തന്നെ പോകാനായിട്ട് ബേസൈതയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നിർബന്ധിച്ചയക്കുന്നു കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് മലമുകളിൽ കയറിപ്പോയി എന്നിട്ട് കർത്താവ് ഈ ഇവരുടെ ഈ തടാകത്തില് ഇവരെ ഈ കടലിൽ ഇവര് ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് കാറ്റും കോളും വന്ന് അവർ വലിയ പരിഭ്രമത്തിലായി എന്ന് കണ്ട് അവിടുന്ന് തന്നെ കടലിന്മീതെ നടന്ന് അവരുടെ അടുത്ത് എത്തുകയാണ് കാറ്റിനെയും കോളിനെയും ഒക്കെ ശാസിക്കുന്നു എന്നാൽ അതിൻ്റെ അമ്പത്തിരണ്ടാം വാക്യം അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല ആ സംഭവം പറഞ്ഞിട്ട് മർക്കോസ് അൻപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല നമുക്കിങ്ങനെ വളരെ വേഗത്തിൽ പറയാം ഇതിൻ്റെ ഈ കടലിന്മീതെ കർത്താവ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ് കർത്താവ് ചെയ്തത് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പുരുഷന്മാരെ തന്നെ തൃപ്തിപ്പെടുത്തി അങ്ങനെ വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തു അപ്പോൾ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന വസ്തുത അവരതിൽ നിന്ന് ഗ്രഹിക്കേണ്ടതായിരുന്നു അവരത് വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് കർത്താവ് പിന്നീട് വെള്ളത്തിന്റെ മീൻ നടക്കുന്നത് കണ്ട് അവര് ആശ്ചര്യപ്പെടുന്നത് നേരത്തെ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് കർത്താവ് അയ്യായിരത്തെ പോഷിപ്പിച്ചതിൻ്റെ ആ പാഠം കർത്താവിൻ്റെ ശക്തി അപരിമയമാണ് അതിന് കഴിയാത്തതായിട്ടൊന്നുമില്ല വലിയവനായ ദൈവത്തെയാണ് ദൈവത്തിൻ്റെ പുത്രനെയാണ് തങ്ങളെ പിൻപറ്റുന്നത് ഈ കാര്യത്തെ ഈ അപ്പം വർദ്ധിപ്പിച്ചപ്പോ തന്നെ അവര് അതിൻ്റെ ആ പൊരുള ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെടേണ്ട കാര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് സംഗതി അവർ ഗ്രഹിച്ചില്ല അപ്പത്തിലൂടെ അവർക്ക് ദൈവം നൽകാൻ ആഗ്രഹിച്ച ആ പാഠം അവർ ഉൾക്കൊണ്ടില്ല എന്നാണ് പറയുന്നത് എന്താ കാര്യം അവരുടെ ഹൃദയം കടുത്തിരുന്നു പ്രിയപ്പെട്ടവരെയും നമ്മുടെയും ഹൃദയം കഠിനപ്പെട്ടാൽ അവിടെ എന്ത് നടക്കുകയില്ല നമുക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങള് വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല ആ കർത്താവിൻ്റെ ശക്തിയെ കുറിച്ച് നമുക്ക് വേണ്ടത്ര വിശ്വാസം ഉണ്ടാവുകയില്ല ഹൃദയം കടുത്തിരുന്നാൽ നമ്മൾ അവിശ്വാസികളായി പോകും നമ്മുടെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് അതിൽ നിന്ന് എടുക്കേണ്ട വലിയ പാഠമെടുത്താൽ നമുക്ക് ഇന്ന് അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയേണ്ടതായിട്ട് വരികയില്ല പ്രശ്നങ്ങളുടെ മുമ്പാകെ പലപ്പോഴും ഈ ശിഷ്യന്മാരെ കാറ്റും കോളും കണ്ട് പതറിപ്പോയതുപോലെ പതറിപ്പോകേണ്ടതായിട്ട് വരികയില്ല ഇവിടെ തന്നെ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതായത് കർത്താവ് ഈ രാത്രിയുടെ അന്ധകാരത്തിൽ ഇവരെ ഇങ്ങനെ കടലിൽ കൂടെ പോകുമ്പോൾ കർത്താവ് എവിടെയായിരുന്നു കർത്താവ് താന് മലമുകളിൽ പ്രാർത്ഥിപ്പാനായിട്ട് പോയിരിക്കയായിരുന്നു മലമുകളിൽ പ്രാർത്ഥിച്ചു കർത്താവിനെന്ത് മനസ്സിലായി തൻ്റെ ശിഷ്യന്മാർ ഈ നിലയിൽ വലിയ പ്രയാസത്തിലായെന്ന് മനസ്സിലായി കർത്താവ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പാഠം നമുക്ക് എങ്ങനെ എടുക്കാം കർത്താവ് ഇന്ന് പിതാവിൻ്റെ സന്നിധിയിലെ കരേറിപ്പോയിരിക്കയാണ് എന്നാൽ യേശു മലമുകളിലായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇന്ന് സ്വർഗത്തിൽ അവിടുന്ന് ചെയ്യുന്ന ശുശ്രൂഷയുടെ ഒരു ചിത്രമാണ് തൻ്റെ ജനത്തിനു വേണ്ടി യേശു സ്വർഗത്തിലെ പക്ഷപാതം ചെയ്യുകയാണ് മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനെ ഇതിനോട് താരതമ്യം ചെയ്യുക പക്ഷെ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിനാലും പരിശോധനയാലും ഈ തൻ്റെ ശിഷ്യന്മാർ വലയുന്ന കണ്ടപ്പോൾ യേശു എന്ത് ചെയ്തു മലമുകളിൽ നിന്ന് വന്ന് അവരെ ആ നിലയിൽ അവരെ ധൈര്യപ്പെടുത്തുന്നത് കാണുന്നു അപ്പൊ നമുക്കിങ്ങനെ പറയാം ഇന്ന് യേശു അന്ന് ഈ ശിഷ്യന്മാരിൽ നിന്ന് വേറിട്ടും മലമുകളിൽ ഇരുന്ന് പക്ഷപാതം ചെയ്തതുപോലെ ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് ചെയ്യുകയാണ് എന്നാൽ അവിടുത്തെ ശ്രദ്ധ ആരിലാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ കടലിലൂടെ പടകിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ മേലാണ് അവിടുത്തെ ദൃഷ്ടി നമ്മൾ കാറ്റും കോളും കണ്ട് പരിഭ്രമിക്കുന്നതൊക്കെ കർത്താവിന് മനസ്സിലാകും കർത്താവ് മലമുകളിൽ നിന്ന് അന്ന് ഇടയ്ക്ക് വന്ന് ഇവരെ ധൈര്യപ്പെടുത്തിയതുപോലെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ കൈവിടാതെ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വലിയ രക്ഷകനാണ് നാഥനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഈ കർത്താവിലെ നമുക്ക് കൂടുതൽ വിശ്വസിച്ച് ധൈര്യത്തോടെ നമുക്കായിരിക്കാം എന്നൊരു പാഠം കൂടെ ഇവിടെ നിന്ന് നമുക്കെടുക്കാവുന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ ശുദ്ധിയില്ലാത്ത കരങ്ങളാൽ ഭക്ഷണം കഴിക്കുന്നതിനെ ചില പരീശന്മാരും ശാസ്ത്രിമാരും ആ നിലയിൽ വിമർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ശിഷ്യന്മാർ ഭക്ഷിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് കരങ്ങൾ വൃത്തിയാക്കിയില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് അവിടെ പാരമ്പര്യം യഹൂദന്മാരുടെ പാരമ്പര്യം അനുശാസിക്കുന്ന വിധത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയോ ഒരു ആചാരമോ ഒന്നും അവർ നടത്തിയില്ല എന്നുള്ളതാണ് അവിടെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒരു വിമർശനത്തിന് പ്രേരിപ്പിക്കുന്നത് ഉദാഹരണമായിട്ട് അവരെ കൈമുട്ട് വരെ ചട്ടപ്രകാരം ശുദ്ധമാക്കണം കഴിക്കുന്നതിന് മുമ്പ് ചന്തസ്ഥലത്തു നിന്നോ മറ്റോ വന്നവരാണെങ്കിൽ അവർ കുളിക്കണം ഭക്ഷണത്തിന് മുമ്പ് ഇങ്ങനെയുള്ള ആചാരപരമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ അവർ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ആ നിലയിൽ ശിഷ്യന്മാരെയും ആ നിലയിൽ വിമർശിക്കുന്നത് അവിടെ അപ്പോൾ യേശു എന്തു ചെയ്യുന്നു യേശു അവർ അവരോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു നിങ്ങളിങ്ങനെല്ലാം പറയുന്നുണ്ടല്ലോ അതിൻ്റെ പത്ത് ഏഴിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ നിൻ്റെ അപ്പനെയോ അമ്മയോ ബഹുമാനിക്കുക എന്നും അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശം പറഞ്ഞല്ലോ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്നു പറയുന്നു തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാലൊന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകല്പനയെ ദുർബലമാക്കുന്നു എന്ന കർത്താവ് അവരുടെ ജീവിതത്തിലെ ഒരു പാളിച്ചയെക്കുറിച്ച് കർത്താവ് വിരല് കർത്താവ് പറയുന്നത് എന്താ കർത്താവ് പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങളെ ഈ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യാതിരിക്കുന്നതിനെതിരെ ഇത്രയും ഗൗരവം പറയുന്നുണ്ടല്ലോ എന്നാൽ യഹൂദ പാരമ്പര്യം മക്കളുടെ ചുമതലയാണ് എന്ത് മാത വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല എന്നാൽ അതിന് ഒരു മകന് താല്പര്യമില്ല അവന് ആ മാതാപിതാക്കളെ സഹായിപ്പാൻ ധാരാളം ധനമുണ്ട് പക്ഷെ അതിന് മനസ്സില്ല മനസ്സില്ലെങ്കിൽ അവൻ ആകെപ്പാടെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ മതി കുർബാൻ എന്ന് പറഞ്ഞാൽ മതി കുർബാൻ എന്ന് പറഞ്ഞാൽ എന്താ നൽകപ്പെട്ടതെന്നോ വഴിപാട് എന്നോ ആണർത്ഥം അതായത് ഈ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ പണമെല്ലാം ദൈവത്തിന് വേണ്ടിയോ ദൈവാലയത്തിന് വേണ്ടിയോ വഴിപാടായിട്ട് നേർന്നിരിക്കുന്നു എന്നാണ് കുർബാൻ എന്നത് ഉദ്ദേശിക്കുന്നത് ഈ മകൻ അങ്ങനെ കുർബാന എന്ന് പറഞ്ഞാൽ തുടർന്ന് തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ചുമതലയിൽ നിന്ന് ആ ചുമതലയിൽ നിന്ന് ഈ പ്രഖ്യാപനം അവനെ ഒഴിവുള്ളവനാക്കി തീർക്കുന്നു അവനെന്തു ചെയ്യാം അവന് തൻ്റെ പണമെല്ലാം ഇഷ്ടം പോലെ സൂക്ഷിക്കാനും ഇഷ്ടം പോലെ വ്യാപാരം ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് ഇവനെ പറഞ്ഞതുപോലെ ഇത് ദേവാലയത്തിൽ കൊടുത്തോ ദൈവത്തിനായിട്ട് കൊടുത്തോ എന്നുള്ളതൊക്കെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അത് അപ്രസക്തമാണ് ഇത് ഇങ്ങനെ കാര്യം ദൈവവചനത്തിൽ കാണുന്നില്ല എന്നാൽ ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവരുടെ മതത്തിന് ആവശ്യമുള്ള പണം ലഭ്യമാകാനൊക്കെ വേണ്ടി അതുപോലെ തന്നെ ആളുകളെ മനസാക്ഷി കുത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒക്കെ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ് ഈ കുർബാൻ എന്ന് പറഞ്ഞാൽ എന്താ കുർബാൻ എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ കാര്യങ്ങളൊന്നും പിന്നെ നോക്കണ്ട എന്ന് മാത്രമല്ല അവർക്ക് എന്ത് ചെയ്യാൻ നോക്കും അവർക്ക് ആ പണം തങ്ങളുടേതായ ആവശ്യത്തിന് മനസ്സാക്ഷിക്കുത്തില്ലാതെ ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നിട്ട് ഇത് ദേവാലയത്തില് ഇതിന്റെ കുറെ ഭാഗം എത്താനായിട്ട് ഈ പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും ഒക്കെ ഇവരെ പിന്നീട് ആ നിലയിൽ മാനസികമായിട്ട് അവർ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ മതത്തിന് ആ പണം ലഭ്യമാക്കാനും കഴിയും അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയിൽ ഇതാ ഈ പരീഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ കുർബാൻ എന്നൊരു പരിപാടി കൊണ്ടുവന്നു ഇത് ദൈവവചനത്തെ ദുർബലമാക്കുന്നതല്ലേ എന്നാണ് കർത്താവ് ചോദിച്ച് അവരുടെ ആ ജീവിതത്തിൻ്റെ പൊള്ളത്തരത്തിലേക്ക് വരൽ ചൂണ്ടുന്നത് ഇവിടെ ഏഴാം അധ്യായത്തില് മൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ എട്ടാമത്തെ വാക്യം എട്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദൈവകല്പന വിട്ടുകളഞ്ഞ് വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക അവഗണിക്കുക രണ്ടാമത് അവരെന്താ ചെയ്യുന്നത് നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു ഒൻപതാമത്തെ വാക്യം തള്ളിക്കളയുന്നു ഫോർസേക്ക് ചെയ്യുന്നു മൂന്നാമത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവകല്പനയെ നി നിങ്ങൾ തീർത്തും ദുർബലമാക്കുന്നു നള്ളിഫൈ ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ദൈവകൽപ്പനയെ അതിനെ അസാധുവാക്കുന്നു കണ്ടോ ഈ നിലയിലെ ദൈവിക കാര്യങ്ങളോട് ഒരുവൻ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുമ്പം അവനിൽ പടിപടിയായിട്ട് സംഭവിക്കുന്ന പിന്മാറ്റത്തിന്റെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ദൈവകൽപ്പന കേൾക്കുന്നു പക്ഷെ അതിനെ അവഗണിക്കുന്നു അവഗണിക്കുക അവഗണിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇന്നും പലരും ദൈവികമായ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓ അന്ന് സാരമില്ല എന്ന് അവഗണിക്കുന്നത് അതിലെ ഒന്നാമത്തെ പടിയാണ് രണ്ടാമത്തെ പടി ഒൻപതാമത്തെ വാക്യത്തിൽ അതിനെ തള്ളിക്കളയുന്നു ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു മൂന്നാമത് പതിമൂന്നാമത്തെ വാക്യത്തിൽ അതിനെ അസാധുവാക്കുന്നു കണ്ടോ ദൈവകൽപ്പനയ്ക്കെതിരെ അന്നും ഇന്നും മനുഷ്യര് എടുക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും അവിടെ കർത്താവ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ നമ്മൾ ആ ഏഴാം അധ്യായത്തിൽ അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിനെ ഒരു വചനം പറയുന്നുണ്ട് ഏഴുന്റെ മുപ്പത്തിയേഴ് അവൻ സകലവും നന്നായി ചെയ്തു യേശുവിനെ കുറിച്ച് ഒരു ജീവചരിത്രം ഒരൊറ്റ വാചകത്തിൽ സംക്ഷേപിക്കാമോ എന്ന് ചോദിച്ചാൽ അത് മർക്കോസ് ഏഴിൻ്റെ മുപ്പത്തേഴാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവൻ സകലവും നന്നായി ചെയ്തു യേശു എല്ലാം താൻ ജീവിച്ചിരുന്നപ്പോൾ എല്ലാം നന്നായി ചെയ്തു ഇന്നോ ഇന്നും യേശു എല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെയും പ്രയാസങ്ങളെയും നോക്കുമ്പോൾ പലതും നല്ലതല്ല എന്ന് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ അതല്ല ശരി അവിടുന്ന് എല്ലാം നന്നായിട്ടേ ചെയ്യുകയുള്ളു റോമർ എട്ടിൻ്റെ ഇരുപത്തൊൻപത് നമുക്കറിയാമല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട് നന്മയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളെയും ആത്യന്തികമായിട്ട് അവൻ്റെ പുത്രൻ്റെ സ്വ അനുരൂപപ്പെടുക എന്ന ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് കൂടി വ്യാപരിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും അവിടുന്ന് ചെയ്യുന്നത് ചുരുക്കത്തിൽ യേശു ജീവിച്ചിരുന്നപ്പോൾ സകലവും നന്നായി ചെയ്തു ഇന്നും അവിടുന്ന് സകലവും നന്നായി ചെയ്യുന്നു തുടർന്ന് എട്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു മർക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായം എട്ടാം അധ്യായത്തില് അവിടെ നാലായിരം പേരെ പോഷിപ്പിച്ച ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഏഴപ്പവും ചെറുമീനും ഉപയോഗിച്ച് അതിന്റെ തലേ അധ്യായത്തില് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് നമ്മൾ കണ്ടു ഈ അയ്യായിരം പേരെ പോഷിപ്പിച്ചതും നാലായിരം പേരെ പോഷിപ്പിച്ചതും തമ്മിൽ ചില സാദൃശ്യങ്ങളും ചില വ്യത്യാസങ്ങളുമുണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് ആ ജനങ്ങളെല്ലാം ഏറെക്കുറെ യഹൂദന്മാർ തന്നെ ആയിരുന്നു യോഹന്യാൻ ആറിൻ്റെ പതിനാല് വായിച്ചു നോക്കിയാൽ അയ്യായിരം പേര് പുരുഷന്മാർ പോഷിപ്പിക്കപ്പെട്ടവരെ ഏറെക്കുറെ എല്ലാവരും യഹൂദന്മാരായിരുന്നു എന്നാൽ ഇവിടെ എട്ടാമധ്യായം മർക്കോസ് എട്ടിൽ നാലായിരം പേരെ പോഷിപ്പിച്ചപ്പം അവിടെ പോഷിപ്പിക്കപ്പെട്ട ആളുകൾ സാധാരണ നിലയിൽ ജാതികളായിരുന്നു കാര്യം അവരെ ദക്കപ്പൊലി നാട്ടിൽ താമസിക്കുന്നവരായിരുന്നു അതുകൊണ്ട് ജാതികളായ ആളുകളായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം അതുപോലെ തന്നെ അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പം ജനങ്ങൾ ഒരു ദിവസം മുഴുവൻ യേശുവിനോടൊപ്പമായിരുന്നു നമ്മൾ യോഹനാൻ ആറിൻ്റെ മുപ്പത്തഞ്ചിലൊക്കെ ആ കാര്യങ്ങളെ കാണുന്നുണ്ട് എന്നാൽ ഇവിടെയോ നാലായിരം പേരെ പോഷിപ്പിച്ചപ്പം ജനങ്ങൾ മൂന്ന് ദിവസമായി യേശുവിനോടുകൂടെയാണ് ജനങ്ങൾ മൂന്ന് ദിവസങ്ങളായിട്ട് യേശുവിനോടുകൂടെയാണ് മർക്കോസ് എട്ടിൻ്റെ രണ്ട് വായിച്ചാലേ നമുക്കത് മനസ്സിലാകും അതുപോലെ അവിടെ അഞ്ചപ്പവും രണ്ട് മീനും യേശു ഉപയോഗിച്ചു മത്തായി പതിനാലിൻ്റെ പതിനേഴ് വായിച്ച് നോക്കുക എന്നാൽ ഇവിടെയോ ഇവിടെ അവൻ ഏഴപ്പവും ചെറു മീനും ഉപയോഗിച്ചു മർക്കോസ് എട്ടിൻ്റെ അഞ്ച് ഏഴ് വാക്യങ്ങൾ അവിടെ അയ്യായിരം പുരുഷന്മാരും പിന്നെ സ്ത്രീകളും കുട്ടികളും തൃപ്തരായി മത്തായി പതിനാല് ഇരുപത്തൊന്ന് എന്നാ ഇവിടെ നാലായിരം പുരുഷന്മാരും പിന്നെ സ്ത്രീകളും കുട്ടികളും തൃപ്തരായി ഇതാണ് കാണുന്നത് അവിടെ അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോ ശേഷിച്ചത് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു ഇവിടെ ശേഷിച്ചത് ഏഴ് വട്ടി നിറച്ചെടുത്തു അപ്പൊ ചുരുക്കത്തിൽ ഇത് തമ്മില് ചില സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട് അത് ആ നിലയിൽ നമ്മൾ വളരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു മുന്നറിയിപ്പ് കാണുന്നു എന്താ മുപ്പത്തേഴാം മുപ്പത്തെട്ടോ കാണുന്നു എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ആരെങ്കിലും നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുടെ മധ്യത്തിൽ നാണിക്കും എന്ന് അവിടെ കാണുന്നു ഇന്ന് നമ്മൾ അപമാന ഭയന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണ് എന്നുള്ള നിലയിൽ അംഗീകരിച്ച് ഒരു നിലപാടെടുത്താൽ ലോകത്തിൽ നിന്ന് അങ്ങനെ എതിർപ്പുകളുണ്ടാകുമെന്ന് പേടിച്ച് നമ്മൾ ഈ വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ചും നമ്മൾ നാണിച്ചാൽ എന്ത് സംഭവിക്കും കർത്താവ് തൻ്റെ വിശുദ്ധ ദൂതന്മാരോടൊപ്പം വേഗത്തിൽ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും താൻ തൻ്റെ മഹത്വത്തിൽ മടങ്ങിവരും അതിൻ്റെ ആ ലക്ഷണങ്ങളെല്ലാം നമ്മളിപ്പോൾ കാണുന്നുണ്ട് അങ്ങനെ ആ മഹത്വത്തിൽ മടങ്ങി വരുമ്പോൾ അന്ന് കർത്താവ് എന്തു ചെയ്യും ഇന്ന് തന്നെ നാണിച്ചവരെക്കുറിച്ച് അന്ന് താനും എന്ത് എന്തു ചെയ്യും വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും എന്നൊരു മുന്നറിയിപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വചനങ്ങൾ ഈ വിശ്വാസം ഇതിനായിട്ട് വിശ്വസ്തരായിട്ട് ധൈര്യത്തോടെ ലോകത്തിൻ്റെ മുമ്പാകെ നിൽക്കാം കർത്താവ് നമ്മളെ കൈവിടുകയില്ല അവിടുന്ന് മഹത്വത്തിൽ വരുമ്പോൾ അവിടുന്ന് നാണിക്കുകയില്ലെന്ന് മാത്രമല്ല നമ്മെ കുറിച്ച് ഏറ്റു നമ്മെ അഭിനന്ദിക്കുകയും നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും ആ നാളുകളെ അടുത്ത് വരുന്നു അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടിരുന്നു